സത്യവിശ്വാസികൾ സഖ്യകക്ഷികളെ കണ്ടപ്പോൾ പറഞ്ഞു അള്ളാഹുസുബഹാനഹഹൂവത്തായാലെയും അവൻറെ ദൂതനും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് ഇതാകുന്നു വ സുബഹാനഹൂവത്തായാലെയും അവൻറെ ദൂതനും സത്യം ചെയ്തു അത് അവരുടെ വിശ്വാസത്തെയും കീഴ്വണക്കത്തെയും വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്തില്ല